സിദ്ധ ദ്ധാഖം മായുജ്യോതിരാപൃന്ദ്രിം മനഃ അന്നീര്യം തപോ മന്ത്ര അതിന്റെ ഇടയ്ക്കാണ് സംഖ്യന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം കടന്നു വന്നത് അതിനെല്ലാം സമാധാനം പറഞ്ഞതിനു ശേഷം എന്താണ് ചക്രയെ നേരത്തെ പറഞ്ഞു വീക്ഷിച്ചത് ആ സങ്കല്പത്തെ തുടർന്നു സൃഷ്ടിച്ചു എങ്ങനെയാണ് സൃഷ്ടിച്ചത് പറയുന്ന സർവ്വാധികാരിയായ ഒരാൾ രാജാവോ അല്ലെങ്കിൽ പ്രഭുവോ അല്ലെങ്കിൽ സൃഷ്ടിക്ക് സാമർഥ്യമുള്ള ഒരാളോ എങ്ങനെയാണോ തൻ്റെ സൃഷ്ടിയെ നിർമ്മിക്കുന്ന അതുപോലെ നിശേഷികളുള്ള ഒരാൾക്ക് ഒരു കാര്യത്തെ ഉണ്ടാക്കാം ബുദ്ധിയും കഴിവും അതിനുവേണ്ട ബാക്കി സാമഗ്രികളും എല്ലാം ഉള്ള ഒരാളായാലാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ലോകത്തിൽ സാമർഥ്യമുള്ള അങ്ങനെ സാമർഥ്യമുള്ള ഒരുവൻ എങ്ങനെയാണോ സർവാധികാരി സർവവും ചെയ്യുന്നതിന് കഴിവുള്ളു എങ്ങനെയാണോ അതുപോലെ പുരുഷനെന്ത് ചെയ്തു പ്രാണനെ സൃഷ്ടിക്കുന്നു ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടായിരുന്നുള്ളോ ്രഹ്മശബ്ദത്തിന് ചിലടത്ത് ആത്മാ എന്ന് പറയും ചിലടത്ത് പുരുഷനെന്ന് പറയും ഇവിടെ പുരുഷനെന്നാ പറഞ്ഞത് പുരുഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യർ തന്നെയാണ് അങ്ങനെയുള്ള അർത്ഥം എടുക്കരുത് ബ്രഹ്മത്താർ തന്നെയാണ് ഇവിടെ പുരുഷനെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഈ ജീവൻ അതിനെയാണ് അങ്ങനെയും എടുക്കാൻ പാടില്ല പ്രാണന സൃഷ്ടിച്ചു കഥം സ പുരുഷ ഉക്തപ്രകാരേണ സൃഷ്ടി രീതിയിൽ പറഞ്ഞല്ലോ അവനാദ്യം സങ്കൽപ്പിച്ചു എന്നിട്ട് സർവപ്രാണം ഹിരണ്ഗർഭ്യം സർവപ്രാണനായിരിക്കുന്നു ഹിരണ്ഗർഭന സർവപ്രാണൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സർവപ്രാണികധാരം സർവപ്രാണികളുടെയും കർണങ്ങൾക്ക് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്തരാത്മാനം അന്തരാത്മാവായിരിക്കുന്നത് ായിരിക്കുന്ന ഇരണ്ഗർഭനെ സൃഷ്ടിച്ചു ഇതിന് പ്രാണൻ എന്ന് എന്താ പേര് വരാ കാരണം സൃഷ്ടി എന്ന് പറയുന്ന കർമ്മമാണ് കർമ്മം ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം എന്താണോ ഈ സൃഷ്ടി പ്രളയം എന്ന് പറയുന്ന ഈ പ്രവാഹത്തില് ഇടയ്ക്കുള്ള ഒരു കണ്ണിയെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രളയം കടന്ന് വരുന്ന സൃഷ്ടി എവിടെ സൃഷ്ടിയെ പറയുന്നു അങ്ങനെയാണ് അല്ലാതെ ആദ്യ സൃഷ്ടി അങ്ങനെ ഒന്നില്ല അപ്പോൾ പ്രളയം കടന്ന് ഒരു സൃഷ്ടിയിലേക്ക് വരുമ്പോൾ എങ്ങനെ സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നതിന് എന്താ ഉപാദാനം എങ്ങനെയാണോ ഒരു ജാഗ്രത കഴിഞ്ഞ് സ്വപ്നം അത് കഴിഞ്ഞ് വീണ്ടും ജാഗ്രത വരുന്നത് പോലെ അതുപോലെ സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഉപാധാനം ആവശ്യമാണ് അത് സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോ ചിന്തിക്കുന്നു തത്വനിമിത്തമായി എങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു അതിന് ഒരു ഉപാദാനം ആവശ്യമാണ് എവിടെയും കുലാലന് മൺപാത്രത്തെ ഉണ്ടാകണമെങ്കിൽ മണ്ണ് വേണം അതുപോലെ സൃഷ്ടി എന്ന് പറയുന്ന സംഭവിക്കണമില്ല അന്ന് ഉപാദാനം വേണം അപ്പോൾ ആ സൃഷ്ടിയിൽ ആദ്യം സംഭവിക്കുന്ന എന്താണ് പറയുന്നത് ഹിരണ്ഗർഭൻ എന്നുപേരുള്ള പ്രാണനെന്നും പറയും ഹിരണ്ഗർഭനെന്നും പറയും അവിടെ എന്താണ് ഉപാദാനം ഉപാധാനം എന്ന് പറയുന്നത് സംസ്കാരം ഒരു സൃഷ്ടി പ്രളയത്തിലേക്ക് പോകുമ്പോൾ ആ പ്രളയത്തിന് ശേഷിക്കുന്നതാണ് സംസ്കാരം പൂർവ്വ സൃഷ്ടിയുടെ സംസ്കാരം അടുത്ത സൃഷ്ടിയുടെ ബീജം വിത്തും വിക്ഷവും പോലെ ഒരു വിക്ഷം അവസാനിക്കുമ്പോൾ ബീജത്തെ അവസാനിപ്പിക്കുന്നു ശേഷിക്കുന്നു ബീജത്തെ ശേഷിപ്പിച്ചിട്ട് വിക്ഷം അവസാനിക്കുന്നു ബീജം അടുത്തൊരു വൃക്ഷത്തിന് കാരണമാകുന്നു അതുപോലെ ബീജരൂപത്തിലിരിക്കുന്ന സംസ്കാരം അതിന് തന്നെ അവ്യാകൃതം എന്നും പറയും അവ്യാകൃതാവസ്ഥ എന്ന് പറയും അങ്ങനെ ഒന്നും ആവശ്യമാണ് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഉപാദാനം ഇല്ലാത്ത സൃഷ്ടിക്ക് സാധ്യമല്ല ആ ഉപാദാനത്തെ ഈ ബ്രഹ്മചൈതന്യം ആശ്രയിക്കുന്നു സൃഷ്ടിക്കും ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ആ അവ്യാകൃതം അല്ലെങ്കിൽ ആ സൂക്ഷ്മ സംസ്കാരം ഉപാധിയായിത്തീരുന്നു അല്ലെങ്കിൽ ചൈതന്യം ആ ഒരു ഉപാധിയോടുകൂടി തീരുന്നു അതാണ് സൃഷ്ടിയുടെ തുടക്കം സംസ്കാരമാകുന്നു സംസ്കാരമാകുന്ന ഉപാധിയോടുകൂടിയതായിത്തീരുന്നു ചൈതന്യം അപ്പൊ കേവലനായിരുന്ന ചൈതന്യം അങ്ങനെ ഒരു ഉപാധി സ്വീകരിക്കുന്നു ഉപാധിയാണെങ്കിലും സംസ്കാര സംസ്കാരം എന്ന് പറയുമ്പോ പൃഥ്വിദികളുടെ സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ഭാവമല്ല രണ്ടു സൂക്ഷ്മഭാവമാണ് സൃഷ്ടി തന്മാത്രകൾ ഇവിടെ അടുത്ത് പറയും സ്ഥൂലഭാവമാണ് നമ്മളീ കാണുന്നത് ആ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും കാരണമായിരിക്കുന്നു അതുകൊണ്ടാണ് അതിന്റെ കരണശരീരം എന്ന് പറയുന്നത് സ്ഥൂല സൂക്ഷ്മം കാരണമെന്ന് പറയുന്നില്ല സൂക്ഷ്മമാണ് കേവല സംസ്കാര രൂപത്തിലായതുകൊണ്ട് അതിനവ്യാകൃതമെന്ന് പറയുന്നു അതാണ് ഈ ഉപൻഷത്തിൽ പറയുന്ന സൃഷ്ടിപ്രക്രിയ അവ്യാകൃതത്തെ ഉപാധിയായി സ്വീകരിക്കുക എന്ന് എന്താ അവിടെ ആ ചൈതന്യത്തിന് അവ്യാകൃത താതാത്മ്യം സംഭവിക്കുന്നു എങ്ങനെയാണോ ഈ ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തിന് ഈ ശരീരവുമായിട്ട് താതാത്മ്യം സംഭവിക്കുന്നത് അതുപോലെ അവ്യാകൃത താതാത്മ്യം സംഭവിക്കുന്നു അതാണ് സൃഷ്ടിയുടെ തുടക്കം അവിടെ മുതലെ കർമ്മം ആരംഭിക്കുന്നു ആ അവ്യാകൃത താതാത്മ്യത്തിൽ വരുന്ന ചൈതന്യം അതിൻ്റെ പ്രാണൻ എന്ന് പറയുന്നു വിടെ സൃഷ്ടി തുടങ്ങുന്നില്ല ചൈതന്യ താതാത്മ്യം സംഭവിച്ചേ ഉള്ളൂ എങ്ങനെ ഒരാൾ ഗാഠനിദ്രയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നത് ആ ജാഗ്രതത്തിലേക്ക് വരുന്നത് ഒരു അവ്യുക്തത്തിൽ നിന്നും വ്യക്തതയിലേക്കാണ് വരുന്നത് ഗാഠനിദ്ര അവ്യുക്തമാണോ പക്ഷെ ഉണർവിലേക്ക് വരുമ്പോഴും എന്താണോ ഒരു അവ്യക്തതയാണോ അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരും ഗാഠനിദ്രയാണെങ്കിൽ അത് വ്യക്തമാണെന്നോ അവ്യക്തമാണോ എന്നും പറയാത്ത പറയാൻ വയ്യാത്ത സ്ഥിതി അത് കേവലമായ ചൈതന്യത്തിന്റെ സ്ഥിതി പക്ഷെ ബോധമുണ്ട് എന്ന വ്യക്തമുണ്ട് അതാണ് ഉണർവിന്റെ തുടക്കം പിന്നെ നമുക്കറിയാം എന്താണ് ക്രമേണം മനസ്സിലേക്ക് വ്യക്തതകൾ വരും ശബ്ദസ്പർശ രൂപാദികളുടെ വ്യക്തത മനസ്സിൽ കടന്നുമില്ല അങ്ങനെ മുമ്പൊരവസ്ഥ അതുപോലെ ഇവിടെ അവ്യാകൃതം അവസ്ഥ സൂക്ഷ്മ സംസ്കാരങ്ങളോട് ചൈതന്യം തഥാന്നിപ്പെട്ടിരിക്കുന്ന അവസ്ഥ അത് സൃഷ്ടിയായി അവിടെ മുതൽ സൃഷ്ടി അവിടെ ചൈതന്യത്തിന് കൊടുക്കുന്ന പേരാണ് പ്രാണൻ എന്തുകൊണ്ടുതന്നെ പ്രാണൻ എന്ന് പറയുന്നു പ്രാണൻ എന്ന് പറയുന്നത് കർമ്മം തന്നെ കർമ്മത്തിന് ബാഹ്യമായ സ്ഥൂലമായ കർമ്മത്തിന് നിമിത്തമായിരിക്കുന്നതും കർമ്മ സ്വരൂപമായിരിക്കുന്നതും പ്രാണനാണ് കർമ്മത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് പ്രാണൻ പ്രാണനെ ആശ്രയിച്ചിട്ടാണ് ഈ സ്ഥൂലമായ ശരീരത്തിന് എല്ലാ പ്രവൃത്തികളും നൽകുന്നു ഏത് സമയം ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുന്നവർ ജഡം പിന്നവിടെ കർമ്മത്തിന് യാതൊരു അവകാശമുണ്ട് പ്രാണൻ കർമ്മപ്രേരകമാണ് കർമ്മ സ്വരൂപമാണ് സൃഷ്ടി എന്ന് പറയുന്നത് കർമ്മത്തിന്റെ തുടക്കമാണ് അവിടുന്ന് പോലും പിന്നെ സൃഷ്ടി ആരംഭിക്കുകയാണ് അതുകൊണ്ടാണ് പ്രാണൻ എന്ന് പറയുന്നത് പക്ഷെ അവിടെ എന്താണ് മുഖ്യമായിരിക്കുന്നത് ചൈതന്യം തന്നെ ചൈതന്യ സാന്നിധ്യത്തിൽ പ്രാണൻ ചേഷ്ടിക്കുന്നു പ്രാഥമികമായ പ്രവൃത്തിയാണ് പറയുന്നത് ചേഷ്ടിക്കുന്നു ആരംഭിക്കുമ്പോൾ ആ സംസ്കാരത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു സൂക്ഷ്മ സൃഷ്ടിയുണ്ടാകുന്നു അതിനാണ് തന്മാത്രകളെന്ന് പറയുന്നത് തന്മാത്രകൾക്ക് കാരണമായിരിക്കുന്നതിനാ കാരണം എന്ന് പറയുന്നു അല്ലെങ്കിൽ ആ വ്യാകൃതം എന്ന് പറയുന്നു അങ്ങനെ സൃഷ്ടി ആരംഭിക്കുന്നു അപ്പോ ആ സൂക്ഷ്മ സൃഷ്ടി ആരംഭിക്കുമ്പോഴോ അത് പ്രാണന്റെ ഉപാധിയായി തീരുന്നു ഹിരണ്യകർഗൻ എന്ന് പറയുന്നു സമഷ്ടി സൂക്ഷ്മ ഉപാധിയോട് കൂടിയിരിക്കുന്ന ചൈതന്യം ഇപ്പൊ പ്രാണ സംഖ്യന്മാര് പറയുന്നത് പോലെ പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്നു പരണാമ സംഭവിക്കുന്നു അതില് ചൈതന്യ താതാത്മ്യം വരണം എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കുന്ന ദ്വീതി അല്ലാതെ അത് സംഭവിക്കത്തില്ല ചൈതന്യ താതാത്മ്യം കൊണ്ട് പ്രകൃതിയിൽ മാറ്റം വരുന്നു കേവലം ജഡമായിരിക്കുന്ന പ്രകൃതി അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ പ്രകൃതി അങ്ങനെ കൽപ്പിക്കുന്നു ജഡമാണ് മാറ്റം സംഭവിക്കത്തില്ല അത് കർമ്മം സംഭവിക്കത്തില്ല ഇവിടെ അദ്വൈതി പ്രകൃതിയെ ജഡമായി സ്വീകരിക്കുന്നില്ല പ്രകൃതി എപ്പോഴും ചൈതന്യവത്താണ് പ്രകൃതിയുണ്ടോ അത് ചൈതന്യമയമായേ ഇരിക്കത്തുള്ളൂ പ്രതീതമാകുന്ന ഈ പ്രപഞ്ചം തന്നെ എന്താണ് ചൈതന്യമയമായി ബോധമയമായി പ്രാണമയമായിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലാതെ നമുക്ക് ആർക്കും തന്നെ ഈ ചൈതന്യത്തിൽ നിന്ന് വേർതിരിച്ച ജഡപപ്രകൃതി പ്രാണത്തിൽ നിന്ന് വേർതിരിച്ച ഒരു ജഡപ്രകൃതി അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് അഭ്യാസം താതാത്മ്യം അത് സഹജമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അവ്യാകൃതത്തിൽ സംഭവിച്ചു പിന്നെ സൂക്ഷ്മത്തിൽ സംഭവിക്കുന്നു അപ്പോ വാസ്തവത്തിൽ ആ ചൈതന്യത്തോട് ചൈതന്യത്തിൽ ഒന്നും വേറെ വിരിക്കാൻ കഴിയാത്തതാണ് പ്രാണൻ അതുകൊണ്ട് പറയുന്നതാണ് പ്രാണനും മനസ്സൊന്നു തന്നെ വൃത്തിഭേദം എന്നേ ഉള്ളൂ ചൈതന്യവും തന്മാത്രകളുമായിട്ടുള്ള അധ്യാസം അല്ലെങ്കിൽ താതാത്മ്യം കൊണ്ട് സംഭവിക്കുന്ന വൃത്തിഭേദങ്ങളാണ് പ്രവൃത്തിഭേദങ്ങളാണ് പ്രാണനെന്നും മനസ്സെന്നും എല്ലാം പറയും ഇതെല്ലാം എന്താണ് കർമ്മരൂപത്തിലാണ് അത് പ്രാണനായാലും ശരി മനസ്സ് ചലിക്കുന്നു അത് കർമ്മമാണ് മനസ്സിന്റെ കർമ്മം പ്രാണൻ പ്രവർത്തിക്കുന്നു അത് പ്രാണന്റെ കർമ്മമാണ് മനസ്സിന്റെയും പ്രാണന്റെയും എല്ലാം സൂക്ഷ്മമായ സമഷ്ടി അതിനോട് താതാന്മ്യം സംഭവിക്കുന്നു അവിടെ പ്രകൃതിയിൽ പരിണാമം സംഭവിച്ചു കാരണരൂപത്തിലിരുന്ന സംസ്കാര രൂപത്തിലിരുന്നഭൂതങ്ങൾ പരിണമിച്ച് സൂക്ഷ്മരൂപത്തെ പ്രാപിക്കുന്നു സൂക്ഷ്മരൂപത്തെ പ്രാപിക്കുമ്പോൾ അവിടെ ചൈതന്യം താതാമ്യം സംഭവിക്കുന്നു ആ ചൈതന്യത്തിന് സമഷ്ടിയോട് താതാന്യം സംഭവിച്ചിരിക്കുന്ന ചൈതന്യം അല്ലെങ്കിൽ സമഷ്ടിയ ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ചൈതന്യം അല്ലെങ്കിൽ സമഷ്ടി പ്രാണോപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം അതിന് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു പറയുന്നു സർവപ്രാണം അത് സർവത്തിന്റെയും പ്രാണമായിരിക്കുന്നു കാരണം ഈ ബാഹ്യമായി സ്ഥൂലമായി കാണുന്നതിനാണ് സർവമെന്ന് പറയുന്നത് ഈ സർവത്തിനും പ്രാണമായിരിക്കുന്ന അതിന്റെ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നത് ഹിരണ്യഗർഭനാണ് ഒന്നിന്റെ പ്രാണൻ എന്ന് പറയുമ്പോൾ അതിന്റെ സൂക്ഷ്മരൂപമാണ് അത് ഹിരണിഗർഭം എന്ന പേര് പറയുന്നു സർവപ്രാണികം ആധാരമായിരിക്കുന്നു സർവപ്രാണികർണങ്ങൾക്ക് ആധാരം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അത് വിശേഷിക്കുന്നു അന്തരാത്മാഅ അന്തരാത്മാവായിരിക്കുന്നു കർണങ്ങൾ എന്നുപറയുന്നത് പ്രാണന്മാരും മനസ്സും ഇന്ദ്രിയങ്ങളും ആണ് കർണങ്ങൾ ഈ കർണങ്ങൾ എന്ന് പറയുന്നത് സൂക്ഷ്മരൂപത്തിലുള്ളതാണ് ഈ സൂക്ഷ്മരൂപത്തിൽ ഇത് പരിണമിച്ചത് കാരണത്തിൽ നിന്നാണ് അവ്യാകൃതത്തിൽ അത് ആ പരിണാമം സംഭവിക്കുന്ന പ്രകൃതിയിൽ എന്ന് സമഷ്ടി അതിന്റെ ഒരംശം അതാണ് ജീവന്മാർ സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഒരു അംശത്തോട് വരുന്നു ജീവ താതാത്മ്യം ജീവചൈതന്യ താദാത്മ്യം വരുന്നു അത് അതിന്റെ അന്തരാത്മാവെന്ന് അതുകൊണ്ട് പറയുന്നു ഒരു വസുവിന്റെ അന്തരാത്മാവെന്ന് പറയുന്നത് എന്താണ് അതിന്റെ സൂക്ഷ്മമായിരിക്കുന്ന സ്വരൂപം അപ്പോൾ പ്രാണൻ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ ഇങ്ങനെ സമ്പൂർണ്ണ സൂക്ഷ്മ താതാത്മ്യത്തിലിരിക്കുമ്പോൾ ചൈതന്യം അങ്ങനെ അത് വ്യത്യാസം അപ്പം ഈ ശരീരത്തിനുണ്ടല്ലോ ചൈതന്യമുണ്ട് ഈ ചൈതന്യത്തിന് ഈ ശരീരത്തോട് ഈ ശരീരത്തെ ആചരിച്ചിരിക്കുന്ന സൂക്ഷ്മഭാവങ്ങളോട് പ്രാണൻ മനസ്സ് ഇതിനോടെല്ലാം ഇതിന് താതല്യപ്പെടാൻ കഴിയുന്നുണ്ട് എന്തിനാ ഈ ശരീരത്തിൽ വിട്ട അടുത്തിരിക്കുന്ന ശരീരത്തോടൊക്കെ ഒരു താതാന്മ്യത്തെ ഉണ്ടാക്കാൻ കഴിവില്ല പക്ഷെ സൃഷ്ടിയുടെ ആരംഭത്തിൽ അവ്യാകൃത താതാന്മ്യത്തിലിരുന്ന ആ ചൈതന്യം അവ്യാകൃതം എന്ന് പറയുന്നത് സമഷ്ടിയാണ് അത് എന്നിലോ നിന്നിലോ മാത്രം ഒതുങ്ങുന്നതല്ല സമഷ്ടിയാണ് ആ ചൈതന്യം സമഷ്ടി സൂക്ഷ്മ താതാന്മ്യത്തിന് വരികുന്നു അതിന്റെ ഓരോ അംശങ്ങളോടും ഈ വഷ്ടി ജീവന് താതാത്മ്യം വരുന്നു അപ്പൊ സർവാധാരമായിരിക്കുന്ന എന്താണോ സർവ്വത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന എന്താണ് ആ സമഷ്ടി താതാത്മ്യത്തിലിരിക്കുന്ന ഹിരണ്ഗർഭന കാരണം അതിന്റെ ഒരു അംശമായിട്ടാണ് ഈ വൃഷ്ടി താതാത്മ്യം സംഭവിക്കുന്നു ഓരോ ജീവനിലും ഈ താതാത്മ്യം സംഭവിക്കുന്നു സമൃഷ്ടിയിലെന്താണോ സംഭവിക്കുന്നത് അത് വൃഷ്ടിയിൽ സംഭവിക്കുന്നു ഭരണ്യഗർഭനിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സർവാധാരമായിരിക്കുന്നത് സർവപ്രാണം സമൃഷ്ടിപ്രാണം സർവാധാരം അന്തരാത്മാവായിരിക്കുന്നു ഇവിടെ നമ്മുടെ അനുഭവത്തിൽ എന്താണോ ഓരോ ആത്മാവും പിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്നു ഞാൻ പറയും എന്റെ ആത്മാവ് നീ നിന്റെ ആത്മാവ് എന്തുകൊണ്ട് ഈ താതമ്യം ഒരു ചെറിയ അംശത്തിലേ സംഭവിക്കുന്നു അതിന് കഴിയുന്നുള്ളൂ ഈ ചൈതന്യത്തിന് ഈ ഉപാധികളുടെ സവിശേഷത കൊണ്ട് അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ പക്ഷെ സമഷ്ടി സൂക്ഷ്മ ഉപാധികളിലും താതാത്മ്യത്തിലിരിക്കുന്നു ഹിരണ്ടിക എന്തുകൊണ്ട് അവിടെ ആ സൃഷ്ടിയുടെ തുടക്കം ആ അവ്യാകൃതത്തോട് ഉണ്ടായിരുന്ന താതാത്മ്യം തുടർന്ന് അവ്യാകൃത പരിണാമമായിരിക്കുന്ന സൂക്ഷ്മത്തോട് സംഭവിക്കുന്നു ചൈതന്യത്തിന്റെ സ്വഭാവം എന്താണ് അതിൻ്റെ കാന്തം പോലെ അതിൻ്റെ മുമ്പിൽ വരുന്നോ അതിനെ പിടിക്കും ആകർഷിക്കും അതുപോലെ ചൈതന്യത്തിന്റെ മുമ്പിൽ എന്ത് പെട്ടാലും അതിനോട് താതാത്മ്യം അത് സൂക്ഷ്മമാവുമ്പോൾ അതിന് മനസ്സു പ്രാണന്മാരിന്ദ്രിയങ്ങളെന്ന് പറയും സ്ഥൂലമാവുമ്പോൾ അതിന് ജടശരീരം എന്ന് പറയും ഈ വ്യത്യാസമാണ് അതുകൊണ്ട് പറയുന്നു ആഹിരണ്യ ഗർഭൻ സർവാധാരമായി സർവാത്മാവായി എന്ന് വെച്ചാൽ സമൃഷ്ടി താതാത്മ്യത്തിൽ വൃഷ്ടി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന വൃഷ്ടി വരുന്ന പരിച്ഛന്ന ഭാവമില്ലാതെ അസമഷ്ടി എന്ന് പറയുന്നത് അനന്തഭാവമാണ് ദൃഷ്ടി താതാത്മ്യത്തിൽ പരിശീലനം വരുന്നു ഞാൻ നീ എനിക്ക് എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ചന്യത്തിന് അന്യ ശരീരത്തോട് താതാത്മ്യം വരുന്നില്ല എന്റെ അഹംബുദ്ധി ഇതിന് മാത്രം നീക്കുന്നു അവിടെ അങ്ങനെ അല്ലാതെ സമഷ്ടി താതാന്ത്മ്യത്തിലിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്ന സൃഷ്ടിക്രമം അങ്ങനെ എന്തു ചെയ്തു അങ്ങനെ ആ പുരുഷൻ ബ്രഹ്മം ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു സൃഷ്ടവാന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് പുരുഷന്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ സ്വരൂപസ്ഥിതി അവിടെ സ്ഥൂലമില്ല സൂക്ഷ്മമില്ല കാരണമില്ല ഒന്നുമില്ല കേവലമായ സ്തുതി അവിടെ നിന്ന് അവ്യാകൃത താതാത്മ്യം സംബോധിച്ചു സംസ്കാരങ്ങളോടുള്ള ഈ സമ്പൂർണ്ണ പ്രപഞ്ച സൃഷ്ടിക്ക് ഉള്ള സംസ്കാരത്തോടുള്ള താതാന്യം സംഭവിച്ചു അവിടെ നിന്ന് വിരണ്യഗർഭൻ അതാണ് ഹിരണ്യഗർഭന്റെ തുടക്കം അവിടെ നിന്ന് പരിണാമം സംഭവിക്കുന്നു സംസ്കാരത്തിന്റെ പരിണാമം കൊണ്ട് സൂക്ഷ്മഭാവങ്ങൾ വരുന്നു എന്നാൽ സൃഷ്ടിയിൽ ഉള്ള വിശദീകരണങ്ങളാണ് തത്വത്തിലുള്ള വിശദീകരണമല്ല സൂക്ഷ്മ താതാത്മ്യം വന്ന് ഹിരണ്യഗർഭനായി അത് സർവസ്വരൂപമായിരിക്കുന്നു അന്തരാത്മാവായിരിക്കുന്നു എന്നതാണ് എന്തുകൊണ്ട് അതിന്റെ കേവലം ഒരു അംശം മാത്രമാണ് തന്റെ ഉള്ളിൽ നടക്കുന്ന ഈ താതാത്മ്യം തന്റെ മനസ്സിനോടും തന്റെ പ്രാണനോടും തന്റെ ഇന്ദ്രിയങ്ങളോടും തന്നിൽ സംഭവിച്ചിരിക്കുന്ന ഈ താതാത്മ്യം അതിന്റെ ഒരു അംശം മാത്രമായതുകൊണ്ട് അത് സർവാന്തര്യാമി സർവാധാരം ആ സമഷ്ടി ഇതിനെ നിലനിർത്തുകയാണ് സമഷ്ടിയാണ് വൃഷ്ടിയെ നിലനിർത്തിക്കുന്നത് സമുദ്രം എന്നുപറയുന്ന അതിന്റെ ഒരംശമായിരിക്കുന്ന ജല കണുകയെ അത് നിലനിർത്തിയിരിക്കുകയാണ് തന്നെ അന്തർഭവിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഇവിടെ സംഭവിക്കുന്നു അതുകൊണ്ട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിച്ചു വന്നുള്ളതാണ് ആ കർമ്മ പരിണാമം അവിടെ സംഭവിക്കുന്നു മാറ്റം വരുന്നു എന്ത് മാറ്റം വരുന്നു അവിടെയെല്ലാം ചൈതന്യ തദാത്മ്യം സംഭവിക്കുന്നു അധഹ പ്രാണശ്രദ്ധ കാരണം അത് സംഭവിക്കുമ്പോൾ സമഷ്ടിയില സംഭവിക്കുന്നേ അതിന് വെഷ്ടി അന്തർഭവിച്ചിരിക്കുന്നു അത് വരുമ്പോൾ ശ്രദ്ധ വരുന്നു ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണോ കർമ്മത്തിന്റെ തുടക്കം നമുക്കറിയാം ശ്രദ്ധയില്ലാത്തവൻ കർമ്മമില്ല വേണ്ടേ ഒരു കർമ്മം സംഭവിക്കണമെങ്കിൽ അവനതിൽ താല്പര്യം വരുന്നു പറയുന്ന അവനതി ശ്രദ്ധയുണ്ടെന്ന് വെച്ചാൽ അവന് താല്പര്യമുണ്ട് അപ്പൊ ചൈതന്യത്തിൽ വരുന്ന സൃഷ്ടിക്കുള്ള താല്പര്യം അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അത് വൈദികമോ ലൗകികമോ ഭൗതികമോ ആദിഭൗതികമോ ദൈവികമോ ആതിദൈവികമോ ഏതരത്തിലുമാകാം ഏതരത്തിലായാലും ആ ചൈതന്യത്തിൽ ശ്രദ്ധ എന്നുവരുന്ന ഒരു ഭാവം പ്രകടമാകുമ്പോൾ അങ്ങനെ തുടർന്നാണ് സൃഷ്ടിയെല്ലാം സംഭവിക്കുന്നത് ഗാഠനിദ്രയിൽ ഇരിക്കുന്നവനില് എന്തെങ്കിലും സൃഷ്ടി സംഭവിക്കുന്നൊന്നുമില്ല അവൻ കേവലമായ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എപ്പോഴാണോ അവന്റെ ഉള്ളിൽ താല്പര്യം വരുന്നത് ശരി ഉണരണം പ്രവർത്തിക്കണം അപ്പോൾ കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന ആ ചിത്തവൃത്തി അങ്ങനെ ശ്രദ്ധ എന്ന് പറഞ്ഞു അപ്പൊ സൃഷ്ടിക്ക് പ്രേരകം അതാണ് സൃഷ്ടിക്കുള്ള പ്രേരണ എവിടെ നിന്നാണ് ആന്തരികമായിട്ടാണ് തൻ്റെ അന്ധകരണത്തിലാണ് ഉദിക്കുന്നത് നമ്മളതിന് സാധാരണ ഭാഷ പറഞ്ഞപ്പറിയും ഉണർവ് ഉണരുന്നു ഗാർഡിനെതിരെ നിന്ന് ഉണർവിലേക്ക് വരുന്നു ആ ഉണർവെന്ന് പറയുന്നത് എന്താണ് ആ ജാഗ്രതത്തിലേക്ക് വരുന്നതിനുള്ള ആ താല്പര്യവുമാണ് അത് അവ്യാകൃത രൂപത്തിലായിരുന്നു പിന്നെ അത് സൂക്ഷ്മരൂപത്തിലായി അവിടെ നിന്ന് സ്ഥൂല രൂപത്തെ പ്രാപിക്കുന്നു നമ്മൾ പറയുന്നതാ ഉണർന്ന് ഞാൻ ജാഗ്രത്തിലേക്ക് വന്നു ആ നിമിഷം തന്നെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു മാനസിക കർമ്മങ്ങൾ പ്രാണകർമ്മങ്ങൾ ശരീരചേഷ്ടകൾ ഇതെല്ലാം പരസ്പരം കെട്ടുപിണിഞ്ഞ് കിടക്കും ഈ കർമ്മങ്ങളെല്ലാം ആരംഭിക്കുന്നു ജാഗ്രത്തിൽ വന്നു ജാഗ്രതത്തിൽ വന്ന് പ്രവൃത്തി എപ്പോൾ തുടങ്ങുന്നു എന്നോ ജാഗ്രതത്തിലെ പ്രവൃത്തിയുടെ ആരംഭം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഒന്നറിയാൻ എന്താണ് ഗാഠമായ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നത് തന്നെയാണ് പ്രവൃത്തി അത് ആ ഉണ്ടാകുന്ന ചിത്തപടുത്തിണോ ശ്രദ്ധ അത് പറയുന്നു സർവപ്രാണിനാം ശുഭകർമ്മ പ്രവൃത്തി ഹേതുഭൂതം സർവപ്രാണികളുടെയും ശുഭകർമ്മത്തിന് എല്ലാ സത്കർമ്മങ്ങൾക്കും ഹേതുഭൂതമായിരിക്കുന്നത് അത് പ്രത്യേകിച്ചും ഭക്ഷ്യക്കാരനത് ശുഭകർമ്മ പ്രവൃത്തിക്ക് ഹേതുന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണ് ഇവിടെ വൈദികം ആണ് വേദഭിതമായ കർമ്മങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ശുഭകർമ്മം എന്നാൽ ലൗകികമായ കർമ്മങ്ങളും അതിൽ ഇവിടെ മുഖ്യം ഭേദമായതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുന്നില്ല അത് കഴിഞ്ഞോ അങ്ങനെ സൃഷ്ടിക്കുള്ള ഒരു താല്പര്യം വരുന്നു സൃഷ്ടി ആരംഭിക്കുന്നു അതാണ് തഥ കർമ്മഫല ഉപഭോഗ സാധന അധിഷ്ഠാനി എന്തിനു വേണ്ടി സൃഷ്ടി ാഠനിദ്രയിൽ അങ്ങനെ കിടന്നാൽ പോരെ സുതുക്കണമെന്നും അറിയണ്ടല്ലോ എന്തിനു സൃഷ്ടി വരുന്നു അതുപോലെ ഈ സമഷ്ടിയിലെ സൃഷ്ടി എന്തിനു സംഭവിക്കുന്നു സൃഷ്ടി സംഭവിക്കാതെ ഇങ്ങനെ ഒരു ശ്രദ്ധ എന്ന് പറയുന്ന വികാരം മനസ്സിലുണ്ടാകാതെ സൃഷ്ടിക്കോടുള്ള ആഭിമുഖ്യം ഉണ്ടാകാതെ അങ്ങനെ ഇരുന്നാൽ മതി നിർഗുണമായി ഏകമായി ക്ഷേത് കഴിഞ്ഞില്ല എന്തുകൊണ്ട് കർമ്മഫല ഭോഗങ്ങൾ അതിനുവേണ്ടി അതുപറഞ്ഞല്ലോ ആദ്യം അവ്യാകൃത ഭാവം അവിടെ നിന്ന് സ്ഥൂലഭാവങ്ങളിലേക്ക് വന്നു ആ സ്ഥൂലഭാവങ്ങളിൽ നിന്ന് സൂക്ഷ്മഭാവങ്ങളിലേക്ക് വരണം വന്നേ തീരൂ എന്തുകൊണ്ട് ആ സംസ്കാരം കർമ്മ സംസ്കാരം അതാണ് ഈ സ്ഥൂലത്തിലെത്തിച്ചത് ആ കർമ്മ സംസ്കാരത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന സ്ഥൂലത ഇവിടെ ഈ ജീവൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കും അതാണ് കർമ്മഫല ഉപഭോഗം അതിനു വേണ്ടിയിട്ട് സൃഷ്ടി കൂടിയേ തീരുന്നു കാരണം ഇരിക്കുന്നു അത് ഫലം കൊടുത്തല്ലേ മതിയാകും അതുകൊണ്ട് കർമ്മഫല ഉപഭോഗ ധിഷ്ഠാനായി ശരി അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം സൂതുക്കങ്ങൾ അനുഭവിക്കണമെങ്കിൽ പ്രപഞ്ചം ആവശ്യമാണ് എങ്ങനെയുള്ള പ്രപഞ്ചം ഈ സ്ഥൂലമായി കാണുന്ന പ്രപഞ്ചവും ഇതിന്റെ പിന്നിലുള്ള സൂക്ഷ്മമായ പ്രപഞ്ചവും ഈ പ്രപഞ്ചങ്ങളെ ആശ്രയിച്ചിട്ടാണ് കർമ്മബല ഭ സംഭവിക്കുന്നത് സുഖദുഃഖാനുഭവം ആണ് ആ ഭോഗം ആ സുഖദുഃഖാനുഭവം സംഭവിക്കുന്നതിന് വേണ്ടി സമഷ്ടിയില്ലാ സൃഷ്ടി സംഭവിക്കണം നല്ലൊരു താല്പര്യം അതിലുണ്ടാകും ഒരു പ്രേരണ ആന്തരികമായി തന്നെ ചൈതന്യത്തിലുണ്ടാകും ആ പ്രേരണ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു ഒന്ന് സമഷ്ടിരൂപത്തിലുള്ള സൃഷ്ടി അണ്ട കടാഹങ്ങളെല്ലാം പ്രകടമാകും മറ്റൊന്ന് വഷ്ടിരൂപത്തിലുള്ള സൃഷ്ടി ആന്തരികമായി തൻ്റെ ഭാവങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ബാഹ്യമായി താൻ അനുഭവിക്കുന്ന സൃഷ്ടി ഇത് രണ്ടും സംഭവിക്കുന്നു ഒന്നിൽ മറ്റൊന്ന് അന്തർഭവിച്ചിരിക്കുന്നു സമൃഷ്ടിയിൽ വൃഷ്ടി അന്തർഭവിച്ചിരിക്കുന്നു പക്ഷെ സൃഷ്ടി അങ്ങനെ സംഭവിക്കുന്നു സൃഷ്ടി സംഭവിക്കുന്നത് സുഖ ദുഃഖാനുഭവത്തിന് വേണ്ടി ആ വേണം ശബ്ദസ്പർശരുപരസന്ധാത്മകമായിട്ടുള്ള പ്രമേച്ചം ഉണ്ടായാലേ അതിനെ ആശ്രയിച്ച് ഈ കർണങ്ങൾ പ്രവർത്തിച്ച് പ്രാണാതി കർണങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അതിനോട് താതാത്മ്യപ്പെട്ട് അതിൽ നിന്ന് സുതുക്കാനുഭവങ്ങളുണ്ടാകും എന്തുകൊണ്ടാണ് അതിന്റെ സംസ്കാരം അവ്യാവൂപത്തിൽ ഇരിക്കുന്നു അത് എങ്ങനെയാണോ സമഷ്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ സംഭവിക്കുന്നത് കർമ്മം കർമ്മഫലാനുഭവം എന്ന് പറയുന്നത് ഹിരണ്യഗർഭനല്ല ഹിരണ്യഗർഭന്റെ ആ സമഷ്ടിഭാവത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈ വൃഷ്ടിഭാവങ്ങൾക്കാണ് അത് സംഭവിച്ചത് അത് തന്നിൽ സംഭവിക്കുന്നതിന് താൻ ഉത്തരവാദിയാണ് തന്റെ മനസ്സിൽ സംഭവിക്കുന്നതിന് താൻ ഉത്തരവാദിയാണ് തന്റെ ശരീരത്തിൽ സംഭവിക്കുന്നതിന് താൻ ഉത്തരവാദിയാണ് അതുപോലെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ആ സമഷ്ടി ചൈതന്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖദുഃഖാനുഭവങ്ങൾക്കെല്ലാം അതിനെ തന്നിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നു ഈ ജീവഭാവത്തെ ജീവഭാവത്തിന്റെ സുഖദുഃഖാനുഭവങ്ങളെ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഹിരണിഗർഭനും അതിന് കാരണക്കാരനാകുന്നു അല്ലാതെ ഹിരണ്യഗർഭൻ ആ സുഖ ദുഃഖങ്ങളെ അനുഭവിച്ചിട്ടില്ല ഈശ്വരനും ബ്രഹ്മവും ആ സുഖദുഃഖത്തെ അനുഭവിച്ചിട്ടല്ല കാരണക്കാരനാകുന്നു മറിച്ച് തണ്ണിൽ ഇതെല്ലാം അന്തർഭൂതമായിരിക്കുന്നു അവിടെ നടക്കുന്നതിന് തനിക്കും അങ്ങനെ പ്രപഞ്ചം ആവശ്യമായതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു സൃഷ്ടിക്കുന്നു മഹാഭൂതം ആശ്രയിച്ച മഹാഭൂതങ്ങളെന്ന് പറയും തന്മാത്രകളെയാണ് മഹാഭൂതങ്ങളെന്ന് പറയും അതാണ് സൃഷ്ടിക്ക് സൃഷ്ടി അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ സുതുപ്പം നമ്മളിവിടെയിരിക്കുന്നു സുഖം അനുഭവിക്കുന്നു ചില ദുഃഖം അനുഭവിക്കുന്നു എല്ലാമുണ്ട് ചിലർക്കിവിടെയിരിക്കുന്നത് എല്ലാം ദുഃഖം ചിലർക്ക് ഇവിടെയിരിക്കുന്ന സുഖമാണ് ഇത് ആന്തരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോദുഖാനുഭവമാണ് എന്തുകൊണ്ട് കർമ്മഫലം ഈ സ്വാദുക്കനുഭവിക്കുന്നതിനെന്താ കർമ്മഫലം എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന് ഇവിടെ വന്നിരുന്നു ഈ കഷ്ടം അനുഭവിക്കുന്നു അതാണ് കർമ്മഫലം ഇത് നമ്മുടെ അനുഭവം തന്നെ ഇതിന് പേരെന്ത് സമാധാനം പറയണം ഇത് ഇതിന് ഇതെല്ലാം ആവശ്യമാണ് ഈ പ്രപഞ്ചം ആവശ്യമാണ് ശബ്ദസ്പർശരൂരസാത്മകമായ ഈ പ്രപഞ്ചം ഇതിന് എല്ലാ തരത്തിലും ഉപാധാനവും നിമിത്തവും സഹകാരിയും എല്ലാമായിരിക്കുന്നു അത് എങ്ങനെ സൃഷ്ടിച്ചു എന്നൊരു ദുഃഖം ശബ്ദഗുണം ശബ്ദഗുണമെന്ന് വെച്ചാൽ ശബ്ദ തന്മാത്രയോട് കൂടിയത് ശബ്ദ തന്മാത്രയോടുകൂടി ആകാശത്തിന്റെ സൃഷ്ടി സംഭവിക്കുന്നു ആകാശം വ്യാപകമാണ് അനന്തമാണ് എന്നാലും അത് പരിച്ഛിന്നമാണ് അത് സംഭവിച്ചു പിന്നെ വായും സേനസ്പർശേന കാരണ ഗുണേനു വിശിഷ്ട തിഗുണം അത് ബാഹ്യമായി നമ്മൾ അനുഭവിക്കുന്നതിൽ കാണുന്ന ഈ ഗുണവ്യത്യാസത്തെ കണ്ടുകൊണ്ട് അതെല്ലാം അതിൻ്റെ കാരണമായിരിക്കുന്ന തന്മാത്രകൾ എന്ന് കൽപ്പിക്കുകയാണ് ഊഹിക്കുകയാണ് ാണ് പറയുന്നത് ആകാശത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് വായുവിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു എങ്ങനെ ആകാശത്ത് നിന്ന് വായുവിനെ സൃഷ്ടിക്കുന്നത് അത് പറയുന്നു അത് പരിണാമം ആകാശ അത് പരിണമിച്ചു എന്ത് അവ്യാകൃത കാരണം ഇതിൽ നിന്ന് തിരിച്ചത് വിലയിച്ച് അവ്യാകൃത രൂപത്തിലിരിക്കുന്നതാണ് അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വീണ്ടും പരിണമിക്കുന്നു ആകാശ രൂപത്തിൽ അതെങ്ങനെ ശബ്ദ തന്മാത്ര രൂപത്തിൽ അതുകൊണ്ടാണ് പലയിടത്തും സൃഷ്ടിയുടെ ആദിയിൽ ശബ്ദമാണെന്ന് പറയുന്നു ശബ്ദത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി എന്നെല്ലാം പറയുന്നതാണ് അത് തന്മാത്രയാണ് അവകാശ തന്മാത്രയാണ് ആകാശം എന്ന് പറയുന്നത് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് എന്താണ് നീരൂപമായ അതിന് രൂപമില്ല ആകൃതിയില്ല ഖനമാനങ്ങളൊന്നുമില്ല കേവലം അവകാശ രൂപത്തിലാണ് വേണ്ട സർവത്തെയും നിലനിർത്തുന്നില്ല അതെങ്ങനെയാണ് ശബ്ദമാകുന്നു ശബ്ദം എന്ന് പറയുന്നത് നമ്മളിവിടെ അനുഭവിക്കുന്നത് ഒരു ഗുണമായിട്ടാണ് വ്യത്യസ്തമായ ഒരു പദാർത്ഥമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ആകാശ തന്മാത്രയാകുന്നത് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തെക്കുറിച്ചല്ല പറയുന്നത് തന്മാത്ര എന്ന് പറയുന്ന നമ്മുടെ അനുഭവ വിഷയമാകുന്ന ഒന്നല്ല ആ തന്മാത്രകൾ തന്നെ പിന്നെ സ്ഥൂല രൂപത്തെ പ്രാപിച്ചിട്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ വരുന്നത് അതിനൊന്നുമ്പുള്ള സൂക്ഷ്മമാണ് അതിനും കാരണമായിരിക്കുന്ന ഒന്നിൽ നിന്ന് പരിണമിച്ചു കൊന്നാണ് അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദത്തെ അല്ല ഇവിടെ ഇത് എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ സ്ഥൂലമായിരിക്കുന്ന ഈ ശബ്ദത്തിന് മുഖ്യമായ കാരണമായിരിക്കുന്ന അതിനെ തന്മാത്ര എന്ന് പറയും അതിന്റെ പ്രണാമമാണ് നമുക്കിവിടെ അനുഭവസിദ്ധമായിരിക്കുന്ന ആകാശം പ്രത്യക്ഷസിദ്ധമെന്നല്ല നമുക്ക് പറയാനുള്ള അനുഭവസിദ്ധമായിരിക്കുന്നു അനുഭവസിദ്ധമായിരിക്കുന്ന ആകാശത്തിന് കാരണമായിരിക്കുന്ന ആ ശബ്ദ തന്മാത്രം അനുഭവസിദ്ധമാണ് അത് കേവലം ഊഹസിദ്ധമാണ് ഊഹിക്കാം അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് ഈ ശബ്ദമാണ് ആകാശം എന്ന് ധരിച്ചുള്ളത് ഈ ശബ്ദമെന്ന് പറയുന്നത് എന്താണ് ഈശ്വരാബ്യമാണ് ശ്രവണേന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്നതാണ് തന്മാത്ര എന്ന് പറയുന്നത് അങ്ങനെയുള്ളതൊന്നല്ല അതിൽ നിന്ന് പിന്നെ എന്തായാലും വായു സ്വയന സ്പർശേനു കാരണം ഗുണേനൊക്കെ വിശിഷ്ടം എന്ത് ഗുണം വായു ആയിട്ടത് തന്മാത്ര മാറുമ്പോൾ അതിൽ കാരണമായിരിക്കുന്ന ആകാശ തന്മാത്രയും അതിലുണ്ട് എന്നാൽ അതെന്താണ് സ്വയം അത് പരിണമിക്കുന്നെങ്ങനെ സ്പർശ രൂപത്തിൽ പരിണമിച്ചു സ്പർശ തന്മാത്രയെ പരിണമിച്ചു ഒന്ന് പരിണമിക്കുമ്പോൾ മറ്റൊരു രൂപത്തെ പ്രാപിക്കുന്ന പാല് പരിണമിച്ചപ്പോൾ അത് തൈരായും മാറി അതെന്തുകൊണ്ടെന്ന് ചോദിക്കരുത് അങ്ങനെ സംഭവിക്കാം പാല് പരിണമിച്ചാൽ പാലായി തന്നെ ഇരിക്കത്തില്ല പാലിൽ മാറ്റം സംഭവിച്ചാലത് തൈരാകും പിന്നെ അതിനെ പലതായും മാറ്റും വെണ്ണയായും നെയ്യായും എല്ലാം മാറ്റിയത് അപ്പം പരിണാമം എന്ന് പറയുന്നത് അതാണ് ഒന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുക അതിൻ്റെ ബാഹ്യമായ രൂപത്തിന് മാറ്റം വരുക ആ മാറ്റം ഇവിടെ ആ ശബ്ദ തന്മാത്ര ആകാശ വായു തന്മാത്രയായും സ്പർശത്തന്മാത്രയായും മാറുന്നത് അത് നിജഗുണം എന്ന് പറയുന്നത് അതിൻ്റെ സ്പർശത്തന്മാത്ര അതിൽ വന്ന മാറ്റം നേരത്തെ ഉണ്ടായിരുന്നത് ശബ്ദത്തന്മാത്ര അതുകൊണ്ട് ദ്വിഗുണം എന്ന് പറയുന്നു അവിടെ നിന്ന് തഥാ ജ്യോതിഹി സ്വേനുരൂപേണ അഗ്നി അടുത്ത് വരുന്ന മാറ്റം അതിന് പ്രണാമ മാറ്റം സംഭവിക്കുന്നു സ്പർശം കൂടി സ്പർശത്ത് രൂപം കൂടി വന്നു അഗ്നി വന്നപ്പോൾ അത് രൂപം വന്നു കാരണമായിരിക്കുന്ന ശബ്ദത്തന്മാത്രയും സ്പർശത്തന്മാത്രേം അതിലിരിക്കെ തന്നെ പുതിയൊരു മാറ്റം അതാണ് പരിണാമം അതിനെന്ത് വന്നു രൂപം വന്നു ഉത്തരഗുണം എന്താണ് ജ്യോതിസേന രൂപേണ പൂർവാഭ്യാംച്ച വിശിഷ്ടം തന്റെ ഇതെന്താണ് സ്വരൂപം എന്താണ് രൂപം ാണ് നിറം അത് രണ്ട് രൂപമൊന്നും പറയും രണ്ട് രൂപമാണ് ആകൃതി നിറവും അഗ്നിയിലാണ് അത് രണ്ടും കാണുന്ന ആകൃതി നിറവും കാണും വായുലതില്ല അങ്ങനെ ഒരു പരിണാമം അതിന് സംഭവിച്ചും മാറ്റം പൂർവാഭ്യാമിച്ച് വിശിഷ്ടം ത്രിഗുണം ശബ്ദസ്പർശാഭ്യാ വിശിഷ്ടം ശബ്ദസ്പർശ രൂപം മൂന്നും വന്നു അത് കഴിഞ്ഞോ തഥാ അപഹ ജലം രസേന രസഗുണേന അസാധാരണേന അവിടെ മാറ്റം സംഭവിച്ചാണ് രസത്തന്മാത്രം നമ്മൾ കുടിക്കുന്ന വെള്ളമല്ലാതെ തന്മാത്രയാണ് പൂർവ്വ ഗുണ അനുപ്രവേശിച്ചതിന ഗുണങ്ങളെല്ലാം മറ്റ് തന്മാത്രകളെല്ലാം അതിനോട് കൂടിച്ചേർന്നു ഏതൊക്കെ ശബ്ദം സ്പർശം രൂപം മൂന്നും കൂടിച്ചേർന്നു അത് ചതുർഗുണ നാല് ഗുണമായി അതിന് നിജഗുണം എന്ന് പറയുന്നത് രസം അതിന് കാരണഗുണങ്ങൾ എന്ന് പറയുന്നത് ശബ്ദം സ്പർശം രൂപം തഥാഗന്ധഗുണ എന്നാ പൂർവഗുണ അനുപ്രവേശന പഞ്ചഗുണ പൃഥ്വി പിന്നെ അവിടെ നിന്ന് മാറ്റം വരുന്നതാണ് പൃഥിവി ആ മാറ്റം എന്തായി ഗന്ധ തന്മാത്ര മറ്റൊന്നുള്ളതല്ലാതിലേക്ക് കടന്നു വരുന്നു ശബ്ദ സ്പർശ രൂപ രസഗന്ധതന്മാത്ര കടന്നു വന്നു വന്നിട്ടെന്തായി അത് പഞ്ചഗുണത്തോടു കൂടിയതായി പഞ്ചഗുണ പൃഥ്വി ണാമത്തെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധിക്ക് മനസ്സിന് ഒന്നും സഹനഗതിയിൽ വിഷയമാകുന്ന ഒന്നല്ല സംഘന്മാരത് അവകാശപ്പെടുന്ന എന്താണ് യോഗികൾക്ക് ഇത് പ്രത്യക്ഷമായ കാര്യമൊന്നും യോഗി പ്രത്യക്ഷമൊന്നാണ് യോഗി സാധാരണ മനുഷ്യനൊന്നും അറിയാൻ പറ്റത്തില്ല അവർക്ക് ഈ തന്മാത്രയെ ഗ്രഹിക്കുന്നതിനുള്ള അതീന്ദ്രിയ ബുദ്ധിയൊന്നുമില്ല ആ തന്മാത്ര തലത്തിൽ നിന്ന് ഭിന്നപരിണാമം സംഭവിക്കുന്നതാണ് തേയിലവഭൂതയിൽ ആരബ്ദം ഇന്ദ്രിയപ്രകാരം അർത്ഥം കർമാത്രം ചതശസ് പിന്നെ ഇതെല്ലാം കൂടിച്ചേരുന്നു അതിനാണ് പഞ്ചീകരണമെന്ന് പറയും ത്രിവൃത്കർണമെന്ന് പറയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രകടമാകുന്ന ഈ പഞ്ചഭൂതങ്ങൾ പരസ്പരം തഥാന്യപ്പെട്ടു അതിനെ സത്വമെന്നോ രജസെന്നോ തമസന്നോ ഒക്കെ മറ്റുഭാഗങ്ങൾ വേർതിരിക്കും ഇവിടെ ആ ഒരു വിഷയം പറയുന്നില്ല എന്താ സംഖ്യന്മാർ മറ്റും പറയും ഇവിടെ അതൊക്കെ അന്തർഭൂതമാണ് ഇതിലെല്ലാ ഗുണങ്ങളും ഉണ്ട് അതുപോലെ ചർച്ചയിൽ നിന്ന് ഇവിടെ പറയുന്നു ചെറുത് പ്രധാനമെന്ന് പറയും ഗുണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കോളും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഭൂതിയിൽ ആരബ്ധം ഇന്ദ്രിയം ഇന്ദ്രിയങ്ങൾ ആരബ്ധമായെന്ന് വെച്ചാൽ അത് പരിണമിച്ചു സൂക്ഷ്മത്തിന് മാത്രകൾ കൂടിച്ചേർന്നു ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ ഏകീഭവിച്ചു അതിൽ നിന്നൊരു പരിണാമം സംഭവിച്ചു ഇന്ദ്രിയങ്ങൾ ഭൂതിയിൽ ആരബ്ധിയം ദ്വിപ്രകാരം ബുദ്ധിയർത്ഥം കർമാർത്ഥം ബുദ്ധിക്ക് വേണ്ടി ജ്ഞാനത്തിന് വേണ്ടിയുള്ളൂ ിൽ ജ്ഞാനം പ്രകടമാകുന്നതിനു വേണ്ടിയുള്ള ഈ സ്ഥൂലമായ കർമ്മം പ്രകടമാകുന്നതിന് വേണ്ടിയുള്ള കർമ്മേന്ദ്രിയ വ്യാകൃതത്തിൽ തന്നെ കർമ്മം ആരംഭിക്കുകയാണ് പരിണാമം കർമ്മമാണ് പക്ഷെ അതുപോലെ ഈ സ്ഥൂലമായദേഹത്തിൽ കർമ്മത്തെ കാണും അതിനു എന്ത് ചെയ്തു കർമാർത്ഥം കർമ്മത്തിന് വേണ്ടിയുള്ള ഇന്ദ്രിയങ്ങള് പരിണമിച്ചു ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു ആ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ആശ്രയിച്ചു കൊണ്ടിവിടെ വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നു ജീവന് സ്ഥൂലത്തിലെ ദശസംഖ്യം തസ്സിച്ച ഈശ്വരൻ ഇതെല്ലാം പറയുന്നത് എന്താണോ അവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ പരിണാമങ്ങളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം ചൈതന്യ താതാഗ്മ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വരുമ്പോൾ ഈ സ്ഥൂലത്തിലേക്ക് വരുമ്പോൾ അതാകും അഹം എന്നുള്ളത് ചൈതന്യ താതാത്മ്യം സംഭവിക്കുന്നു അപ്പൊ പറയുന്നു എന്റെ ബുദ്ധി എന്റെ പ്രാണന്മാര് എന്റെ കർണങ്ങൾ എന്റെ ജ്ഞാനേന്ദ്രിയും എന്റെ കർമ്മേന്ദ്രിയെന്നിങ്ങനെ പറയുന്നു അതെല്ലാം ആ സഹജമായി സംഭവിക്കുന്ന ചൈതന്യ സാന്നിധ്യത്തിൽ സംഭവിക്കുന്ന ഈ തന്മാത്ര പരിണാമങ്ങളോട് താതാത്മ്യം പെട്ട ബുദ്ധിയുടെ അറിവിന്റെ വെളിപ്പെടുത്തലാണത് ഞാൻ എന്റെ കർമ്മേന്ദ്രിയങ്ങൾ ഞാൻ എന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഞാൻ എന്റെ ബുദ്ധി മനസ്സ് എന്നിങ്ങനെ അത് പറയുന്നത് അപ്പോൾ അത് താതാത്മ്യം സംഭവിക്കുന്നോണ്ടാണ് അതുകൂടെ ചേർന്ന് താതാന്മ്യമില്ലാതെ സൃഷ്ടിയില്ല താതാത്മ്യത്തോടുകൂടിയ സൃഷ്ടി സംഭവിക്കുക കേവല സൃഷ്ടി അങ്ങനെ കല്പിക്കാൻ പറ്റത്തില്ല കേവലമായി അവ്യാകൃതം വിമിച്ച് സൂക്ഷ്മമായി സ്ഥൂലത്തെ പ്രാപിച്ചു ഇന്ദ്രിയങ്ങളെ ശരീരമായി അത് സങ്കല്പിക്കാനും സാധ്യത എന്തുകൊണ്ട് ഇത് ചെന്മയമായി ചൈതന്യമയമായിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കേവല ജഡത്തിലല്ല പരിണാമം പോലും കേവല ജഡത്തിൽ സംഭവിക്കുന്നില്ല ചെന്മയമാകുമ്പോൾ അവിടെയെല്ലാം സംഭവിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ബുദ്ധിയർത്ഥം കർമാർത്ഥം ബുദ്ധിയർത്ഥം കർമാർത്ഥം രണ്ടിനുവേണ്ടിയും ബുദ്ധിക്കു വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി കർമ്മത്തിന് വേണ്ടിയുടെ ദശസംഖ്യകം ഇത് അദ്വൈതികളുടെ മാത്രം ഒരു നിലപാടാണ് ഈ സംഖ്യന്മാർ സ്വീകരിക്കുന്നത് താർക്കികന്മാരും മറ്റും സ്വീകരിക്കുന്നത് ഈ കർമ്മേന്ദ്രിയ തസ്സി ഈശ്വരം അന്തസ്തം സംശയ സങ്കല്പ ീശ്വരനായി പ്രഭുവായി ഇവരുടെ എല്ലാം അധിപതിയായി ഈ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ഉള്ളിലിരിക്കുന്നു അന്തസ്ഥനായിരിക്കുന്നു ഇവിടെയാണ് അന്തർബഹിർഭാവങ്ങളെല്ലാം വരുന്നത് അതിൽ അന്തസ്ഥനായിരിക്കുന്നു ആര് സംശയസങ്കൽപ്പണം സംശയരൂപത്തിലും സങ്കല്പരൂപത്തിലുമുള്ള മനസ്സ് അതാണോ ഇതാണോ എന്ന് സങ്കല്പിക്കുന്നു പിന്നെ അതാണെന്ന് നിശ്ചയിക്കുന്നു അതുകൊണ്ട് സങ്കല്പ വികല്പ രൂപത്തിലും ഉള്ള ആ മനസ്സ് അതവിടെ വരുന്നു ആ പരിണാമം വരുന്ന അവിടെ ചൈതന്യ താതൃം വരുന്ന കരണം സൃഷ്ടുക അങ്ങനെ പ്രാണികളുടെ കാര്യകരണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു ആരാ ബ്രഹ്മ ഇവിടെ ഒന്നുകൂടിയുണ്ട് എന്താണ് ആ ബ്രഹ്മം വാസ്തവത്തിൽ പറയുന്നല്ലോ കർത്താവാണ് അവിടെ സൃഷ്ടി സംഹാരങ്ങളൊന്നും സംഭവിക്കുന്നുണ്ട് പക്ഷേ അവ്യാകൃതത്തിൽ പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ചൈതന്യ താതാത്മ്യം വരുമ്പോൾ സൃഷ്ടി ആരംഭിക്കുന്നു എങ്ങനെ ആ ചൈതന്യ താതാത്മ്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഹിരണ്യഗർഭനിലൂടെയുള്ള സൃഷ്ടി പ്രജാപതിയിലൂടെയുള്ള സൃഷ്ടി ലോകപാലന്മാരിൽ കൂടെയുള്ള സൃഷ്ടി ദേവതകളിലൂടെയുള്ള സൃഷ്ടി പിന്നെ മനുഷ്യന്റെ സൃഷ്ടി അങ്ങനെ അല്ലാതെ നിർഗുണനായിരിക്കുന്ന ബ്രഹ്മം നിർഗുണമായിരുന്നു കൊണ്ട് സൃഷ്ടി ചെയ്യുന്നു എന്നല്ല ഓരോ ഭാവങ്ങളും അതിൽ പ്രകടമാകുമ്പോൾ അതിലൂടെ സൃഷ്ടി ഹിരണിഗർഭന്റെ സൃഷ്ടി പേര് മനുഷ്യന്റെ സൃഷ്ടി വേര് അതാണ് പുരാണങ്ങളിൽ അങ്ങനെ ഒരു കഥ വരുന്ന എന്താണ് വിഷ്ണു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു പിന്നെ ബ്രഹ്മാവ് സൃഷ്ടി എന്ന് പറയുന്നത് ജോലി തുടങ്ങി എന്ന് പറയുന്നത് അത് ഹിരണിഗർഭനെയാണ് അവിടെ ബ്രഹ്മെന്ന് പറയുന്നത് വിഷ്ണുവിനെയാണ് അവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ഇപ്പോൾ ആ രീതി പിന്നെ അത് ജീവസൃഷ്ടിയായി പിന്നെ അതിനെ തിരിക്കുന്നു ഈശ്വര സൃഷ്ടി ജീവസൃഷ്ടി ഇങ്ങനെയെല്ലാം തിരിക്കുന്നു പുരാണങ്ങളെല്ലാം ഇവിടെ എന്തോരുന്നു അങ്ങനെ ഒന്നിനെ തുറന്നു ഒന്ന് വരുന്ന ഇവം പ്രാണിനാമകാര്യം കർണഞ്ച സൃഷ്ടപ്രാണികളുടെ കാര്യകർണങ്ങളെല്ലാം ഇത്തരത്തിൽ സൃഷ്ടിച്ചിട്ട് തസ്തിയർത്ഥം ഇതെല്ലാം നിലനിൽക്കുന്നു നിലനിൽക്കുന്നതിന് വേണ്ടി സ്ഥൂലമായ െ സൃഷ്ടിച്ചു പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു ആ ഭൂതങ്ങളുടെ ചേർച്ച കൊണ്ട് പണ്ടൊക്കെ ഡാഹങ്ങളുണ്ടായി പതിനാല് ലോകങ്ങളെക്കുറിച്ച് പറയുന്നു അതിൽ പൃഥിവിയെ മുഖ്യമായി പറയുന്നു ആ പൃഥിവിയിലെന്തായി ഗ്രീഹി യവാദി ലക്ഷണം അന്നം അന്നത്തെ സൃഷ്ടിക്കുന്നു എന്നാലേ ഇതെല്ലാം നനകത്തുള്ളൂ തദശ് അന്ന ആദ്യമാനാദ് വീര്യം സാമർഥ്യം ബലം സർവകർമ്മ പ്രവൃത്തി സാധനം വേദമാണ് വൈദികമാണ് കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ജന്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന സാമർഥ്യത്തെ അന്നത്തിൽ നിന്നാണല്ലോ സാമർഥ്യം ഉണ്ടാകുന്നത് എന്തിനായാലും ശരി ലൗകികമായ കർമ്മങ്ങൾക്കായാലും ശരി ഇനി വൈദികമായ കർമ്മങ്ങൾക്കായാലും ശരി ഇനി അതെല്ലാം പൊട്ടേ ബ്രഹ്മജ്ഞാനത്തിനായാലും ശരി അന്നമില്ലെങ്കിൽ നടക്കത്തില്ല എല്ലാം അന്നത്തെ ആശ്രയിച്ചിട്ടാണ് അന്നം കൊണ്ടുള്ള വീര്യം ഈ ശരീരത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ വീര്യം മനസ്സിലും കരണങ്ങളിലും ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വേദാന്ത പ്രസംഗം നടത്താൻ പറ്റുന്നത് ഇല്ലെങ്കിലവിടെ അന്നമില്ലെങ്കിലും നടക്കുന്നത് തീർന്നു അപ്പം വീര്യം സർവപ്രവൃത്തിക്കുള്ള എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രാണന്മാരുടെയും ബാഹ്യമായ സർവകർമ്മങ്ങളുടെയും സാമർഥ്യം ആ വീര്യം ആ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് തദ്ശ് അന്ന തദ്യ വീര്യ സാമർഥ്യം സർവകർമ്മ പ്രവൃത്തി സാധനം തദ്വീര്യവദാം ഹിഞ്ചപ്രാണിനാം അതിൽ തന്നെ ആ വീര്യം ഉപയോഗിച്ച് ജീവന്മാർ പക്ഷി മൃഗാദികൾ വൃക്ഷ ലതാദികളെല്ലാം ഓരോ കർമ്മത്തിലേർപ്പെട്ടിരിക്കുന്നു അതിൽ വിവേകിയായ മനുഷ്യനെന്ത് ചെയ്യുന്നു തപ വിശുദ്ധി സാധനം സങ്കീര്യമാണ് നാം പറയുന്നു അവിടെ അത് പറഞ്ഞല്ലോ ശ്രദ്ധയുണ്ടായി താല്പര്യമുണ്ടായി കർമ്മത്തിൽ ആ കർമ്മം ഉണ്ടാകുമ്പോൾ കർമ്മത്തിനനുസരിച്ച് ഫലമുണ്ടാകുന്നു ആ കർമ്മങ്ങൾ എന്ന് പറയുന്നത് പുണ്യപാപ രൂപത്തിൽ രണ്ടു രൂപത്തിലും വരും അപ്പോൾ ഈ പുണ്യപാപങ്ങളുടെ സങ്കലം ഉണ്ടാകുന്നു അത് സ്വാഭാവികമായി സംഭവിക്കുന്നു അത് ഇതിൻ്റെ സ്വഭാവമാണ് എന്തുകൊണ്ട് ഈ സത്വരജസ്തമ രൂപത്തിലുള്ള പ്രകൃതിയുടെ പരിണാമമാണ് പ്രണാമം എന്ന് പറയുന്നത് അതിന്റെ ഫലത്തെ കാണിക്കും സാത്വികാമസഭാവങ്ങളെ ഉണ്ടാക്കും ആ കർമ്മങ്ങളിൽ അത് കടന്നു വരും ആ കർമ്മങ്ങളിൽ സ്വാഭാവികമായിട്ടും സത്വം അസത്വം എന്ന പിരിവുണ്ടാകും അതിൽ നിന്ന് പുണ്യവും പാപവും രണ്ടും സംഭവിക്കാം അപ്പോൾ ആ സങ്കരം സംഭവിക്കുന്നു പുണ്യപാപം കൊണ്ട് സങ്കരം സംഭവിക്കുന്നു അതിൽ വിശുദ്ധി സാധനം തപസ് അപ്പോൾ അതിൽ നിന്ന് വേണം എന്തുകൊണ്ടിവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ആധ്യാത്മിക പ്രകടനത്തിലാണ് മറ്റു കർമ്മപ്രകടനത്തിലല്ല അതുകൊണ്ട് അവിടെ ആധ്യാത്മികമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആധ്യാത്മികമായ സാധനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മുഖ്യമായി വരുന്ന തപസ് അതിനെ ഓർമ്മിപ്പിക്കുകയാണ് അത് വിശുദ്ധിക്ക് സാധനമാണ് സങ്കീര്യമാണ അപ്പോൾ ഈ പുണ്യപാപങ്ങൾ കൊണ്ട് സങ്കീർണ്ണമായിരിക്കുന്ന പ്രാണികൾക്ക് തപസ്സാവശ്യമായി വരുന്നു മന്ത്രാഹുള്ള ആ തപസ് കൊണ്ട് എന്ന് പറയുന്നു തപസ് അതോടൊപ്പം തന്നെ പരിണാമം സംഭവിക്കുന്നു മന്ത്രാഹ മന്ത്രങ്ങൾ അവിടെ വരുന്നു എന്നർത്ഥം എന്താ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് തപ്പോ വിശുദ്ധ അന്തബി കർണേഭ്യ മന്ത്രങ്ങൾ എല്ലായിടത്തും വരത്തില്ല എന്നർത്ഥം മന്ത്രങ്ങൾ എവിടെ വരുന്നുണ്ട് ആ തപസ് കൊണ്ട് വിശുദ്ധമായ അത് പ്രകടമാകുന്നു അതുകൊണ്ടല്ലേ വേദം അപോരുഷേയം എന്ന് പറയുന്നത് മനുഷ്യൻ അത് സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് കാരണം മന്ത്രഭൂതമായിരിക്കുന്ന പ്രകടമാകുന്നതാണ് വിശുദ്ധമായ മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ഏതൊക്കെയാണ് തപോ വിശുദ്ധ അന്തർ കർണേഭ്യ കർമ്മസാധനഭൂതാമ അഥർവ അങ്കിരസഹ എർക്ക് യജുത്ത് സാമം അഥർവാഗിരസം എന്ന് പറയുന്ന തരത്തിലുള്ള മന്ത്രങ്ങൾ ചതുർവേദരൂപത്തിലുള്ള ചതുർവേദമൊന്നോ വേദത്രൈ എന്ന് പറയാം രണ്ടും ഒന്ന് തന്നെയാണ് അതല്ല മന്ത്രഭേദമാണ് ഈ പറയുന്നത് എർക്ക് സാമം അഥർവാഗിരസം ഇതിന് മൂന്ന് നിങ്ങളെ ചേർത്ത് വേദത്രൈ എന്ന് പറയും നാലും മൂന്നും ഒന്നും സംഗീത വ്യത്യാസമില്ല എന്തുകൊണ്ട് മന്ത്രഭേദത്തെടുത്താണ് പറയുന്നത് നാല് പിന്നെ വേദവിഭാഗ ഭേദത്തെടുത്തിട്ട് അവിടെ മൂന്നെണ്ണു അല്ലാതെ എന്ന് വെച്ചാൽ വേദത്തെ ഇങ്ങനെ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് വിഭജിച്ചു അപ്പോൾ അത് നാളെന്നെടുക്കും അതിട്ട് തന്നെ എന്തു വരുന്നു ഈ മന്ത്രങ്ങളെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് മൂന്നൊന്നും പറയുന്നു എന്നാൽ മന്ത്രാഹതോ വിശുദ്ധ അന്തർബുദ്ധി കർണേഭ്യ കർമ്മസാധനഭൂതാഹ ഇതെല്ലാം അവിടെ കരുണാമരൂപത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ പ്രാണികളുടെ ഭോഗത്തിന് വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതെല്ലാം സംഭവിച്ച മറിയാ അന്ധകർണം ബാഹ്യകർണങ്ങളെല്ലാം വരുന്നു അവിടെ അന്ധകർണത്തിൽ വിശുദ്ധി വരുന്നു വിശുദ്ധിയിൽ മന്ത്രങ്ങൾ പ്രത്യക്ഷമാകുന്നു ആ മന്ത്രത്തെ ആശ്രയിച്ച് കർമ്മങ്ങൾ വരുന്നു ഇതെല്ലാം സംഭവിക്കുന്നു തഥകർമ്മ അഗ്നിഹോത്രാദി ലക്ഷണം പിന്നെ കർമ്മങ്ങൾ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ വന്നു തത്വ ലോക കർമ്മഫലങ്ങൾ ലോകം എന്നുവെച്ചാൽ ഇവിടെ ഫലം നടത്തും കർമ്മങ്ങൾ വന്നാൽ ഫലം വരുന്നു ദേശിഷ്ടാം പ്രാണിനാം നാമച്ച ദൈവതത്വ യജ്ഞദത്ത് ഇത്യാദി അവിടെ പ്രപഞ്ച സൃഷ്ടിയായി പ്രപഞ്ച സൃഷ്ടിയിൽ നാമങ്ങൾ വരുന്നു ശബ്ദം വരുന്നു യജ്ഞദത്വം ദൈവദത്തം തുടങ്ങി നാമങ്ങൾ വരുന്നു കാരണം വേദം മന്ത്രാത്മകമാണ് ശബ്ദാത്മകമാണ് ശബ്ദം എന്ന് പറയുമ്പോൾ അവിടെ നാമത്തിന് പ്രാധാന്യം അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം എടുത്തു പറയുന്നത് വേഗം ഏതാ കലാഹ പ്രാണിനാമവിദ്യ ദോഷ ബീജ അപേക്ഷയാ സൃഷ്ടി ഇതിനെയാണ് ഇവിടെ കലകളെന്ന് പറയുന്നത് ഈ നാമം വരെ എത്തിച്ചേർന്നു എന്നു വെച്ചാൽ ഒരു ജീവന് പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഈ കാര്യങ്ങൾ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള കാര്യങ്ങൾ വൈദികവും ലൗകികവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു അത് വേദം പറയുന്ന ഒരു ശൈലിയുണ്ട് ശൈലിക്കനുസരിച്ച് പറഞ്ഞു സൃഷ്ടിയെക്കുറിച്ച് പറയും എന്ത് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി എന്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് കാര്യം വേദവുമായി ബന്ധപ്പെട്ട കാരണം വേദത്തിൽ നാമത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അതിനെടുത്ത് പറഞ്ഞു അവിടെ കർമ്മത്തിന് പ്രാധാന്യമുണ്ട് അതിനെടുത്ത് പറഞ്ഞു വേദമെന്ന് പറയുന്നു മന്ത്രാത്മകമാണതുകൊണ്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ തപസ്സിന് പ്രാധാന്യമുണ്ട് അത് പറഞ്ഞു ഈ സൃഷ്ടിയിൽ അങ്ങനെ പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വൈദികമല്ലാത്തത് അതിനെ പറഞ്ഞില്ല എന്ന് അല്ലെങ്കിൽ ഇതാണ് ഒരു സൃഷ്ടി ഇവിടെ മറ്റെന്തെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ട് ഏതാ കലാഹ ഇതിന കലകളെന്ന് പറയുന്നു ഭാഗങ്ങൾ അംശങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പ്രാണിനാമ വിദ്യ ദോഷബീജാപേക്ഷയാ ശരി ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടിയിൽ പലതരത്തും പല ഭാഗങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് സൃഷ്ടിയിലുള്ള താൽപ്പര്യം കൊണ്ടല്ല താൽപ്പര്യത്തോടു കൂടി പറയുന്നതല്ല ഇങ്ങനെ ഒരു സൃഷ്ടി വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്ന ബോധിക്കാൻ വേണ്ടിയിട്ടല്ല സൃഷ്ടിയുടെ തത്വം അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നുവെച്ചാൽ സൃഷ്ടിയിലുള്ള തത്വം അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല സൃഷ്ടിയുടെ പരമാർത്ഥ തത്വമല്ല സൃഷ്ടി എന്നൊരു തത്വമാണെന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നാണ് പിന്നെന്താണ് അവിദ്യാദി ദോഷബീജാപേക്ഷ അവിദ്യാദി ദോഷബീജങ്ങളെ ആശ്രയിച്ചാണ് ഈ സംഭവിച്ചിരിക്കുന്നത് സൃഷ്ടി എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് എന്താ സൃഷ്ടി പരമാർത്ഥമല്ല അവിദ്യ ആശ്രയിച്ച് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അവരുടെ രൂപത്തിലുള്ളതായാലും ശരി വിക്ഷേപ രൂപത്തിലായാലും ശരി അഭാവരൂപത്തിലുള്ളതായാലും ശരി ഏത് രൂപത്തിലായാലും ശരി അങ്ങനെയുള്ള ഒരു അവിദ്യ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പ്രാണികളിൽ സൃഷ്ട എന്ന് പറഞ്ഞാൽ പരമാർത്ഥമല്ല ഇതുപോലെ തൈമരിക ദൃഷ്ടി സൃഷ്ടായ്വ അതിചന്ദ്രമശകമക്ഷികഹ തിമിരദോഷമുള്ളവൻ കണ്ണിൽ എന്തെങ്കിലും വന്നു കണ്ണിൽ പാട വന്നു പറയും പ്രായമുള്ളവർ പറയും ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈച്ചകൾ പറക്കുന്ന പോലെയൊക്കെ കാണും മശകമക്ഷികാദികൾ എല്ലാം കണ്ണിലെ ദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് വാസ്തവത്തിൽ ഒന്നുമല്ല കണ്ണിന് കേട്ടുള്ള ഒരു ഡോക്ടർമാരെ സമീപിച്ചിട്ട് പറയും ഇപ്പം കാണുന്നതല്ല എന്തോ കണ്ണിലെന്തോ പറക്കുന്ന പോലെയൊക്കെ തോന്നും കണ്ണിൻ്റെ ദോഷങ്ങൾ കൊണ്ടാണ് രോഗം കൊണ്ടാണ് എന്താണ് കാചാതി ദോഷങ്ങൾ തിമിരം തുടങ്ങിയ ദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അതുപോലെ അവിദ്യ ദോഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന മശക മക്ഷികാദി സമമാണ് ഈ കാണുന്ന കൊതുകും ഈച്ചും പോലെയാണ് ഈ കാണുന്ന ശബ്ദസ്പർശരുസാതിഗന്ധങ്ങളുടെ അനുഭവം അത് അവിദ്യാദോഷം കൊണ്ട് സംഭവിച്ചതാണ് തൈമിരിക ദൃഷ്ടി സൃഷ്ടിവാദി ചന്ദ്രമശക മക്ഷികാദ്യഹ ഒന്നുകൂടി വ്യക്തമായി പറയുന്നത് പരമാർത്ഥമല്ല സൃഷ്ടി ഒരു പരമാർത്ഥമായി കണ്ടുകൊണ്ട് അതിലെ പരമാർത്ഥത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത് സൃഷ്ടിയിൽ ഒരു പരമാർത്ഥമുണ്ട് എന്താണ് ആ പരമാർത്ഥത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് എന്താണ് ആ പരമാർത്ഥം സൃഷ്ടാവ് ഏതൊരു സൃഷ്ടാവിൽ നിന്നാണോ സൃഷ്ടി ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്തത് ഏതൊരു തന്നെ മാറിയിരിക്കുന്നത് ആ സൃഷ്ടിയുടെ തത്വം അവിടെ ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് സ്വപ്ന ദൃ സായവ സ്വപ്നദൃക്കിന്റെ സൃഷ്ടി പോലെയാണിത് സ്വയം ച്യോതിഷി എന്നിവിടെ ഞാൻ സ്വപ്നദൃക് അവിടെയൊന്നും ഭാഷകാരം നെ കൊണ്ടെത്തിക്കുന്നു സ്വരുതി പറയുന്നത് ഇങ്ങനെ ഒരുപാട് സൃഷ്ടികളെ കുറിച്ച് പറയും പക്ഷേ അവിടെ പറയുന്നുണ്ട് എന്താണ് മെഹുനാസ്തി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നോണ്ട് ഇവിടെ പറയണം സ്വപ്നദൃക് സൃഷ്ടദൃക് എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ ഈ ജാഗ്രത ദൃർക്ക് ഇവിടെ കാണുന്നതെല്ലാം സ്വപ്ന ദൃർക്കിന്റെ സൃഷ്ടി പോലെയുള്ള അതിന് സമമാണ് ഇത് സ്വപ്നം എന്നല്ല പറയുന്നു സ്വപ്നം പോലെ സ്വപ്നം എങ്ങനെയാണോ ജാഗ്രതകൾ യഥാർത്ഥമാണെന്ന് ബോധിച്ചത് അതുപോലെ ഇതും വിവേകം കൊണ്ട് ചിന്തയിലൂടെ വിവേകത്തെ ആർജിക്കുന്ന ഒരുവൻ ഇതും അതിന് സമമായി അസത്യമാണ് എന്ന് ബോധിക്കാൻ കഴിയും അതുകൊണ്ട് പറയുന്നു അതിന് സമമാണ് സ്വപ്ന ദൃഷ്ടായി വച്ച സർവ്വപദാർത്ഥ സർവപദാർത്ഥങ്ങളും ആന്തരികമായിരിക്കുന്ന മനസ്സും കർണങ്ങളും ബാഹ്യമായിരിക്കുന്ന ശരീരവും സ്ഥൂലമായ പൃഥ്വ്യാധികളും സർവ സർവപദാർത്ഥ എന്താണ് സ്വപ്ന സ്വപ്നദൃക് സൃഷ്ടിച്ചതുപോലെ ഇനി ഞാൻ പ്രകടമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് തസ്മിൻ നേരിഷേ പ്രിയതെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടേക്ക് അനാദി ഒരു അനന്തോയം എന്ന് പറഞ്ഞ് അനാദ്യ അനന്തമായിരിക്കുന്ന ഈ സൃഷ്ടി ഇതെവിടേക്കാണ് പോകുന്നത് പ്രളയത്തിലേക്ക് എന്നതിനു വേണ്ടി അടുത്തൊരു സൃഷ്ടിക്ക് വേണ്ടി അങ്ങനെ കാണുമ്പോൾ ഇതിനെ അനാദ്യ അനന്തമായി കാണാം ഇത് പരമാർത്ഥമായതുകൊണ്ടല്ല അനാദ്യ അനന്തമായിരിക്കുന്നത് മനസ്സ് ഇത് പരമാർത്ഥമല്ലാതെ തന്നെ സൃഷ്ടി പ്രളയരൂപത്തിൽ ഇത് പ്രകടമായി നഷ്ടമായി കൊണ്ടിരിക്കുന്നു പ്രകടമാകുന്നതിനെ പറയുന്നു എങ്ങനെയാണോ അനേക സ്വപ്നങ്ങൾ ദൃശ്യമായി നഷ്ടമാകുന്നത് ദുഷ്ട നഷ്ടമായി തീരുന്നു വീണ്ടും അത് പ്രകടമാകുന്നു വീണ്ടും നഷ്ടമാകുന്നു അതുപോലെ തന്നെ ഈ ജാഗ്ര സൃഷ്ടി എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നം അങ്ങനെ ദിഷ്ടനഷ്ടമാണെങ്കിൽ ജാഗ്രതം അതുപോലെ ദുഷ്ടനഷ്ടമാണ് ആ നഷ്ടത്തേനൂടെ പറയുന്നത് എന്താണ് പ്രളീ അത് പുരുഷനെ തന്നെ എവിടെ നിന്നാണോ അത് പ്രകടമായത് അവിടെ തന്നെ അത് അവസാനിക്കുന്നു എന്നർത്ഥം അത് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ് ഈ ജാഗ്രത സൃഷ്ടി ഇതുകൂടെ പ്രകടമായിരിക്കുന്നു അതുപോലെ സ്വപ്ന ദൃഷ്ടി പ്രകടമായി എല്ലാം അവസാനിക്കുന്നു സുഷിതിയിൽ അവിടെ ജാഗ്രത സ്വപ്നങ്ങൾക്ക് നിലയില്ല അപ്പോൾ സൃഷ്ടിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമെന്നൊക്കെ പറയാം അവിടെയെല്ലാം എന്തായിരുന്നു അവ്യാകൃതമായിരുന്നു എന്ന് പറയാം സൃഷ്ടിതലത്തിൽ ആരോപിത ദൃഷ്ടി ചിന്തിക്കും അപവാദ ദൃഷ്ടി ചിന്തിക്കുമ്പോഴും അവിടെ ഏകമായ സത്യമായ പരമാത്മാവ് മാത്രം പക്ഷേ ആരോപിത ദൃഷ്ടി ചിന്തിക്കുമ്പോഴെന്നാണ് അവിടെ അവ്യാകൃത രൂപത്തിൽ പിന്നെ അത് സൂക്ഷ്മഭാവത്തെ പ്രാപിച്ചു പിന്നെ അത് സ്ഥൂലഭാവത്തെ പ്രാപിച്ചു അതുകൊണ്ടുകൂടെ പറയുന്നു കൃഷിയെ പ്രളീയൻ ദേഹിത്വ നാമരൂപാതി വിഭാഗം ഈ നാമരൂപാതി വിഭാഗം ജാഗ്രത വിഭാഗം ഇതാണ് സൃഷ്ടി ഇതിനെല്ലാം അത് ഉപേക്ഷിച്ചിട്ട് അത് വിലയിക്കുന്നു അത് സുഷുദ്ധി വീണ്ടും അത് ജാഗ്രത് ഭാവത്തെ പ്രാപിക്കുന്നു ഇതാണ് സൃഷ്ടി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് നൃത്തം ആ സൃഷ്ടി പ്രളയങ്ങളെക്കുറിച്ച് ആണ് അടുത്ത് പറയുന്നത് സഥ സിന്ധമാനാഹ സമുദ്രായണാഹ സമുദ്രം പ്രാപ്യ അസ്ത താസം നാമ ൂപ സമുദ്രം പ്രോസ്യത്തെമേവ അരിദ്രഷ്ട ഷോടക്കാള പരുഷാണാ അസ്തംഗച്ഛന്തി मरूप प्रोच्य सेकलो अमृतोतिदेश ദിഷ്ടാന്ത സയ്യപ്രകാരമാണോ അതുപോലെ ദൃഷ്ടാന്തം സയ്യഥ അടുത്ത ഉദാഹരണം പറയാൻ ലോക നദ്യഹ ലോകത്തിലീ നദികൾ സിന്ധ്യമാനാഹ ഒഴുകുന്ന നദികൾ സർവന്ധ്യ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ സമുദ്രായണാഹ സമുദ്രോ അയനം ഗതി ആത്മഭാവോയാസാം സമുദ്രം ആശ്രയമായിരിക്കുന്ന നദികൾ എന്താണ് ആത്മഭാവം സമുദ്രം ലക്ഷ്യമായിരിക്കുന്ന നദികൾ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പറ സമുദ്രം തന്നെ സ്വരൂപമായിരിക്കുന്ന നദികൾ സമുദ്രത്തോട് താതാമ്യത്തെ പ്രാപിക്കുന്ന നദികൾ അതാണ് ആത്മഭാവോ യാസാം നദികളുടെ സ്വരൂപം എന്താണ് സമുദ്രമാണ് എന്തുകൊണ്ട് അത് സ്വരൂപമാകുന്നു നദികൾ ആ സമുദ്രത്തിലെത്തുന്നതുവരെ മാത്രമേ അത് നദിയായിരിക്കുന്നു നദിയാകുന്ന നാമരൂപങ്ങളോടുകൂടി ഗംഗ യമനാ തുടങ്ങിയ നാമരൂപങ്ങളോടുകൂടിയിരിക്കുന്നത് സമുദ്രത്തിലെത്തുന്നതുവരെ സമുദ്രത്തിലെത്തിയാലോ അതിൻ്റെ നാമരൂപങ്ങളെല്ലാം പെടിയുന്നു നാമരൂപങ്ങളെല്ലാം പെടിയുന്നതോ അതാണ് അതിന്റെ സ്വരൂപം ഒരു വസ്തുവിന്റെ സ്വരൂപം അതുകൊണ്ട് പറയുന്നു ആത്മഭാവം യാസ ഏതൊരു സമുദ്രമാണോ നദികളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് തഹ ആ നദികൾ സമുദ്രായണാഹ സമുദ്രം പ്രാപ്യ സമുദ്രം എന്ന ആശ്രയത്തോടു കൂടിയവ ആ സമുദ്രത്തെ പ്രാപിച്ചിട്ട് ഉപഗമ്യ അസ്ഥം നാമരൂപ തിരസ്കാരം ഗച്ഛന്തി നാമരൂപ തിരസ്കാരം സംഭവിക്കുന്നു നദികൾ സംഭവിക്കുന്നു നദി നാമരൂപരഹിതമാകുന്നു പിന്നീട് അതിനെ ഏത് ഗംഗയാണോ യമനയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ പിന്നെ അതിനൊറ്റ പേരെയുള്ള എന്താണത് സമുദ്രമാണ് അല്ലെങ്കിൽ അത് ജലമാണ് ആ രീതിയിലെത്തിച്ചേരുന്നു അസ്തംഗദാനാം ഭിത്യേതെ വിനസ്യതോ നാമരൂപേ ഗംഗ യമന ഇത്യാദി ലക്ഷണയി അസ്തംഗദാനം അങ്ങനെ അസ്തമയത്തെ പ്രാപിച്ചതായ വിലയത്തെ പ്രാപിച്ചതായ നദികൾ വിനാശത്തെ പ്രാപിച്ചതായ നദികൾ നാമരൂപേ ഗംഗ യമുനെ ഗംഗ യമുന തുടങ്ങിയ ആ നാമരൂപങ്ങളെ അത് വെടിയുന്നു അവിടെ അത് ഉപേക്ഷിക്കുന്നു കേവലം ജലമായി മാറുന്നു തദ്ദേ ആ ഭേദങ്ങളെയാണ് അതുപേക്ഷിക്കുന്നത് സമുദ്ര ഈ തീവം ആ ഭേദങ്ങളെ അതുപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് ഇത് സമുദ്രമാണെന്ന് പറയുന്നു തദ്വ പിന്നെന്താണ് സമുദ്രം എന്ന് പറഞ്ഞാൽ മാറുന്നു കേവലം ജലം മാത്രം യഥാ ദൃഷ്ടാന്ത ഇതുപോലെ ഉത്തലക്ഷണ പുരുഷ പരിദ്ര പരിസമ ദർശന സ്വരൂപഭൂത സ്വപ്നപ്രകാശ सर्वदहत ദ്ദിമാ ഷോശകല പ്രണയ ഉക്തായ പാരം തരയസീ അസ്മാൻ്റെ പേജുകളെല്ലാം തിരിച്ചും മറച്ചും കൊത്തിക്കെട്ടിയിരിക്കും നീ ഇതെവിടുന്ന കണ്ടുപിടിക്കുന്നു നദീനാം ഇവ താസംഗത ഗതാഗപ്രശ്നമാണ് ഇനി ശരിയാവത്തിട്ട്